തോമം മസ്മത്വസിലെ ജാതിരി ശ്രീ തത് പത്മവിഷയ സ്വയം അല്ലെ ഈ പദ്യത്തിന്റെ രണ്ട് ശബ്ദമുണ്ട് നിശ്ചല അചരത നിശ്ചലമൊന്നും അചലംന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം ഒന്നുണ്ട് പിന്നെ നിശ്ചല അചലാമെ പ്രത്യേകിച്ച് രാമായു ആചാര്യ കേൾക്കാൻ കഴിഞ്ഞ നിശ്ചലാകും അചലമെന്ന് പറയുന്ന അർത്ഥം സാലറി നമ്മൾ കേൾക്കുമ്പോ ശ്രദ്ധിക്കുന്നു എന്താ പ്രശ്നം ഇവിടെ കേൾക്കുന്നു അതിന് എനിക്കും കേൾക്കാം നമ്മള ശരിയായോ ശരിയായോ ഈ രണ്ട് ശബ്ദങ്ങൾ നിശ്ചല അച്ചല എന്തിനു പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു സകല ഇതരജാതിയ സകല ഇതരങ്ങളിൽ നിന്നും ഭിന്നമായാലും വിജാത വിസജാതി സജാതിയല്ലാത്തത് വിദഗ്ധൻ സഹചുദ്രു പറയുന്നത് ഇവിടെ ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ആത്മതത്വ വിഷയം കാരണം ഇവിടെ ചിത്തുണ്ട് അചിത്തുണ്ട് പരമാത്മാവാണ് ജീവാത്മാവ് പരമാത്മാവ് ജഡം ഇവിടെ പറയുന്നത് ആത്മതത്വ വിഷയമാണ് ആത്മതത്വത്തെ വിഷയമാകുന്ന ബുദ്ധി അപ്പോ അവസാനം കൊണ്ട് നിർത്തുന്നത് യോഗം ആത്മതത്വ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയുക അതിനുവേണ്ടി പറഞ്ഞുകൊണ്ടുവരികയാണ് ആത്മതത്വ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ മറ്റൊന്നും സാക്ഷാത്കരിക്കാൻ പാടില്ല ഈശ്വര ചിത് അചിച്ച് പദാർത്ഥ ഹൃദയം മൂന്ന് പദാർത്ഥങ്ങളാണ് ഈശ്വരൻ ചിത്ത് അച്ചിത്ത് അപ്പൊ ഇവിടെ ചിത്തിനെ കുറിച്ചാവില്ല ജീവനെ കുറിച്ചാവില്ല ജീവാത്മാവിനെ കുറിച്ചു അപ്പോ അതിൽ നിന്നും ഇതൊരു സജാതി സജാലങ്ങളല്ലാത്ത സജാതി എന്നൊക്കെ പറയുന്നത് വളരെ കല്പിച്ചുകൊണ്ട് പറയുന്നു അദ്വൈതിയൊക്കെ സജാതിയോ എന്ന് പറയാൻ പറ്റില്ല ഒരാത്മാവോ എവിടെ നേരിൽ ആത്മാക്കൾ പലതാണ് പല ആത്മാക്കളും അപ്പൊ അവിടെ സജാതി എന്ന് പറയുന്നത് പറയാം അപ്പൊ സജാതീയങ്ങളിൽ നിന്ന് വിരുദ്ധമായ നിത്യവും നിരദിശവും സൂക്ഷ്മവുമായ തത്വം ആകുന്ന ആത്മാവിനെ വിഷയമാക്കുന്ന ബുദ്ധി ശ്കെ സംബന്ധിച്ച് അതെല്ലാം വരും സ്വയം ഒരുവന്റെ ആത്മതത്വ സാക്ഷാത്കാരത്തെ കുറിച്ച് പറയും അത് എങ്ങനെ അസ്മത്വസില എന്നിൽ നിന്ന് ശ്രമിച്ചിട്ട് എങ്ങനെ ശ്രവിക്കുന്നു ആത്മാവിനെ കുറിച്ച് മനസ്സിലാകുന്നു അത് സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് അന്യന്റെ ആത്മാവിനെ അതാണ് സകല ഇതര വിസജാതി സജാതിയുമല്ലാത്ത വിരുദ്ധാർത്ഥത്തിൽ എന്താണ് നിത്യമാണ് എന്നൊരു ദിശയമാണ് സൂക്ഷ്മ തത്വമാകുന്ന ആത്മാവിനെ വിഷയമാക്കണം ബുദ്ധി അപ്പോ അത് ഇവിടെ പറയും ആദ്യം ശ്രവണം കൊണ്ടുണ്ടാകുന്ന ഞാനോന്ന് എനിക്ക് വിശ്വസിക്കുന്നു ശ്രവണം കൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് ആദ്യം അങ്ങനെ സ്വയം വച്ചാൽ ഏകരൂപബുദ്ധി ഇപ്പൊ താനാണ് ആത്മാവ് തന്നെ അറിയുന്ന ബുദ്ധി അന്തിമമായ സാക്ഷാത്കാരമാണ് അങ്ങനെ യോഗം അച്ഛനൊന്നൂടെ ഏകരൂപാ ബുദ്ധി അതിന്റെ വ്യാഖ്യാനം ആത്മാവേഗമാണ് ഏകമാകുന്ന ആത്മാവിനെ വിഷയമാക്കുന്ന ബുദ്ധിയാണ് ഏകരൂപം അതാണ് അച്ഛന സ്വയം സ്വയം അച്ഛനാന്ന് പറയുന്നത് ശരോണം വന്ന ബുദ്ധിയാണ് ഞാൻ തീരും കാരണം ഇനി ബുദ്ധി നിശ്ചലമാകുന്നതിന് മുമ്പ് തന്നെ സ്വയം അചനമായി രണ്ടാമത് സംഭവിക്കുന്നതാണ് നിശ്ചല വ്യത്യാസമോട് അടുത്ത് പറയാൻ പോകുന്നത് രണ്ടു തമ്മിലെ വ്യത്യാസം അങ്ങനെയുള്ള ബുദ്ധി അതായത് ആത്മാവിനെ വിഷയമാക്കുന്ന ബുദ്ധി ആത്മാവ് താനാണ് തന്നെയാണ് വിഷയമാക്കുന്നത് ആത്മ സാക്ഷാത്കാരത്തിന് മുന്നോടിയായി ശ്രവണം കൊണ്ട് ഉണ്ടാകുന്ന ആത്മാവിനെ കുറിച്ചുള്ള ബുദ്ധി ഇങ്ങനെയുള്ള ബുദ്ധി അസംഘകർമാനുഷ്ഠാന നമ്മളീകളുടെ മനസ്സിടെ എപ്പോഴും പറയുന്നതാണ് ആത്മജ്ഞാന പൂർവകമാണ് കർമാനുഷ്ഠാനം കർമ്മയോഗാനുഷ്ഠാനം അതുകൊണ്ടാണ് അതിനകൂടെ അതിനോട് കൂടി ചേർക്കുന്നത് അച്ഛനോണം കൊണ്ട് തന്നെ ആത്മാവ് എന്താണെന്നുള്ള ബോധം ഉണ്ടാവും അത് പോരാ അവിടെ ഏകരൂപത്തിലുള്ള ബുദ്ധി ഉണ്ടാവും ആത്മാവേകമാണെങ്കിൽ അപ്പം അതിനെ കുറിച്ചുണ്ടാവുന്ന ബുദ്ധിയോഗമാണ് അത് അചലമാണ് ഏകരൂപമായതുകൊണ്ടേ അചലമാണ് അത് അസംഘകർമാനുഷ്ഠാനേന എന്നുവെച്ചാൽ കർമ്മയോഗം കൊണ്ട് നിർമ്മലീകൃത മനസ്സ് നിർമ്മലമായ മനസ്സ് യഥാ നിശ്ചല എപ്പോഴാണോ നിശ്ചലമായി തീരുന്നത് അപ്പോൾ ശ്രവണം കഴിഞ്ഞ് അടുത്തു വരുന്ന തത്വാനുസന്ധാനം ഉപാസനം നിത്യാസനം എന്നൊക്കെ പറയും അതാണ് രണ്ടാമത് പറയുന്ന ഒരു സ്ഥലം വാദ്യ ശ്രവണത്തിലൂടെ മനസ്സിൽ ആത്മാവിനെ കുറിച്ച് മനസ്സ് ഗ്രഹിക്കുന്നു ആത്മാവേകമാണ് എന്ന് വെച്ചാൽ തന്നെ സംബന്ധിച്ച് അദ്വൈതിയുടെ ഏകമാണ് താരാണാത്മാ അദ്വൈതി പറയുന്ന സാക്ഷാത്കാരം അതിൻ്റെ ഇവിടെ പറയും ഇവിടെ ആത്മാവണമാണ് അദ്വൈതിയുടെ ആത്മാവ് ദീപമാണ് ഏതൊക്കെ വ്യത്യാസങ്ങളുണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യരുടെ ഈ ആത്മജ്ഞാനം പഠിച്ച് മനസ്സിലാക്കി അത് ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് രാമാനുചാര്യങ്ങനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത് ഇവരുടെ അടുത്ത് പറയുന്നു അച്ത ഏകരൂപ ബുദ്ധി സ്വക അസംഘകർമാനുഷ്ഠാനും നിർമ്മലികളുടെയും മനസ്സിശ്ചലസ്ഥിതി എപ്പോഴാണോ അവിടെ അതുപാസന രൂപത്തിലാവുന്നത് അതാണ് നിശ്ചലം ശ്രവണത്തിലൂടെ അറിഞ്ഞപ്പോ ഞാൻ ആത്മാവാണ് ഞാൻ ധ്യാനിക്കട്ടെ തഥാ യോഗം ആത്മാവലോകനം ഇപ്പോഴാണ് യോഗം ആത്മാവലോകനം എന്ന് പറഞ്ഞാൽ അപ്പൊ മൂന്ന് കാര്യങ്ങളൂടെ പറയുന്നു ആദ്യം പറഞ്ഞത് അച്ചല ബുദ്ധി എന്ന് പറയുന്നത് ശ്രവണത്തിലൂടെ ആത്മാവിനെ അറിയുക അടുത്ത് നിർമ്മലമായ മനസ്സിലുണ്ടാകുന്ന നിശ്ചല ബുദ്ധി എന്ന് പറയുന്നത് നിധ്യാസനം അല്ലെങ്കിൽ ഉപാസന നേദ്യാസനം എന്ന് പറയുന്ന വാക്കാൽ ഉപയോഗിക്കുന്ന ഉപാസന അത് കഴിഞ്ഞ് ഉണ്ടാകുന്നതാണ് യോഗം സാക്ഷാത്കാരാത്മാവലോകൻ അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ പദ്ധതി പറയുന്നത് ശ്രമണത്തിലൂടെ ഉണ്ടാകുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഞാൻ പിന്നെ അതിൻ്റെ ഉപാസനം പിന്നെ സാക്ഷാത്കാരം ഈ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് രാമാനുചാചരിയോട് അംഗീകരിക്കും ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായിട്ട് ജീവാത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഞാൻ അപ്പോ ശങ്കരായും പറയുന്നു ആത്മസാക്ഷാത്കാരം എന്നിവിടെ പറയുന്നത് പക്ഷെ ശങ്കരായ പറയുന്നത് വിവേകജ്ഞാനം എന്നാണ് വിവേകജ്ഞാനം ശങ്കരായ അഭിപ്രായം മനസ്സനുസരിച്ച് പറയുന്ന അഖണ്ഡ ബ്രഹ്മാകാരവൃത്തി അത് കൂടുതൽ വ്യാഖ്യാനിക്കും അഖണ്ഡ വിവേക ബ്രഹ്മാകാരവൃത്തി എന്നൊക്കെ പറയുമ്പോൾ അത് സമാധി വിജ്ഞാനം പോകുന്നില്ല സമാധികം കൂടെ ആത്മാവെന്നുള്ള അർത്ഥമാണ് പറയുന്നത് ശങ്കര രാമാനുചാര്യം മനസ്സും പോലെ ഇനി തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല പറയും ഇതൊക്കെ മനസ്സിൽ സംബന്ധിക്കുന്ന കാര്യമാണ് രണ്ടുപേരും ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് പറയും പറയുന്നത് അഖണ്ഡ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഖണ്ഡമില്ലാത്ത ആത്മാവിനുള്ള സാക്ഷാത്കാരം ഖണ്ഡം എന്ന് വെച്ചാൽ കഷണം ജീവാത്മാക്കൾ പലതും കുറയുന്നില്ല ആത്മാവിന്റെ ഖണ്ഡങ്ങളാണ് പല പ്രശ്നങ്ങളാണ് ആത്മാവിനെ പലതായി മുറിക്കുകയാണ് പിന്നെ ജീവാത്മാവും പരമാത്മാവും വേറെ കഴിഞ്ഞാൽ അതും ഖണ്ഡമാണ് പരമാത്മാവെന്ന് ജീവാത്മാവ് വേറെ അങ്ങനെ ഖണ്ഡങ്ങളില്ലാത്ത ആത്മാവ് ഏകനായ ആത്മാവ് വിഭുവായ ആത്മാവ് ആത്മാവിന്റെ സാക്ഷാത്കാരം അതാണ് അഖണ്ഡ സാക്ഷാത്കാരം എന്ന് വെച്ചാൽ അഖണ്ഡമായ ആത്മാവിന്റെ സാക്ഷാത്കാരം സാക്ഷാത്കാരം ആ പ്രത്യക്ഷമായ ജ്ഞാനത്തെ ശങ്കരാചാര്യ പറഞ്ഞ വേദജ്ഞാനം ശങ്കരാചാര്യ ശിഷ്യം പറയുന്നത് സമാധിയിലുണ്ടാകുന്നതിനാണ് രാമാനുചാര്യെന്ന് പറയുന്നതും എന്താണ് സാക്ഷാത്കാരത്തെക്കുറിച്ച് എന്ന് പറയും പ്രധാനമായും വ്യത്യാസം ഇതാണ് അങ്ങനെ പറയുന്നത് വിഭുവായ ആത്മാവിന്റെ അഖണ്ഡമായ ആത്മാവിന്റെ ജ്ഞാനത്തെ കുറിച്ചാണ് സാക്ഷാത്കാരത്തെ കുറിച്ചാണ് അതേസമയം രാമാനുചാരി പറയുന്നത് ആത്മാവ് എന്ന് പറയുന്ന അണുവാണ് അണുവായ ആത്മാവിന്റെ സാക്ഷാത്കാരം രണ്ടുപേരും പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥം ഞാനാണ് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇപ്പൊ രണ്ടുപേരും പറയുന്നതിന്റെ വ്യത്യാസം എന്താണ് ശങ്കരായ പറയുന്നത് ആത്മാവിനെ വിഭുവായി അറിയുന്നതാണ് യഥാർത്ഥം ഞാൻ രാമാനുചാര്യർ പറയുന്നത് എന്താണോ ആത്മാവിനെ അണുവായിട്ട് അറിയുന്നതാണ് യഥാർത്ഥം ഞാൻ അപ്പൊ ആത്മാവിനെ കുറിച്ച് രണ്ട് യഥാർത്ഥങ്ങൾ അത് ശങ്കരാചര് എന്ന് പറഞ്ഞാൽ വിഭുവായ ആത്മാവിന്റെ സാക്ഷാത്കാര മതിപ്പില്ലാത്തതുകൊണ്ടാണ് രാമാനുചാചാര്യർ അണുവായ ആത്മാവിന്റെ സാക്ഷാത്കാരത്തിൽ ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങാടിയിലൊക്കെ പാട്ടായിരിക്കുന്നത് ശങ്കരാചാര് ആത്മജ്ഞാനമാണ് നിർഭാഗ്യവശാലി രാമാനുജാചാര്യത്തിന്റെ ആർക്കും ഞാനും ആർക്കും വേണ്ട ഒരു സ്വാമിമാനം പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നു കേരളത്തിൽ അങ്ങനെ ആരും ആർക്കും അറിയില്ല പല കാരണങ്ങളുണ്ട് ഈ വൈഷ്ണവ സമ്പ്രദായം സ്ട്രിക്റ്റായി ഫോളോ ചെയ്ത് പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്ട്രിക്റ്റായി കാരണം രാമാനുരാജാരോപണത്തെ ആളാണ് അദ്വൈത സമ്പ്രദായം കൂടുതലും കേരളത്തിൽ ഒരിക്കലും ഒരു ഏതോ ഒരാളുടെ മലയാളത്തിൽ സംസാരിക്കുന്ന ആയിട്ട് വൈഷ്ണവ പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഈ വൈഷ്ണവ സമ്പ്രദായത്തെ കുറിച്ചൊരു മലയാളി ചികിത്സ എന്റെ പല ഡ്രസ്സൊക്കെ പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല അത് രണ്ടുമൂന്ന് വർഷം മുമ്പാണ് പുസ്തകങ്ങളും വളരെ കുറവാണ് മലയാളത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മലയാളത്തിൽ രാമാനുജ ഭാഷ ഞാൻ കണ്ടിട്ടുണ്ട് അത് സമയം ശങ്കരഭാഷയിൽ എത്ര പേര് എഴുതിയിരിക്കുന്നു മലയാളത്തിൽ അവസാനം ചിദാനന്ദപുരി വരെ എഴുതിയിട്ടുണ്ട് എന്തായാലും അത് എഴുതി വിശദീകരിച്ച് എഴുതി എന്നുവെച്ച ചിദാനന്ദപുരി വരെ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് എഴുതി കൊണ്ട് പറഞ്ഞു അത് പലരും വളരെ പഴയ കെ എമ്മിന്റെ വേറെ വ്യാഖ്യാനം മലയാളികൾ അപ്പൊ മലയാളികൾക്ക് പിടുത്തം എന്ന് പറയുന്നത് പ്രിയം ഈ ശങ്കരാചാര്യന്റെ വ്യാഖ്യാനമാണ് എന്നാൽ ഈ സങ്കരാചാര്യന്റെ വ്യാഖ്യാനം കണ്ടിട്ട് തൃപ്തി വരാതെ പിന്നീട് എഴുതിയാണ് രാമായചാചാര്യം അതിനോട് ആർക്കും ഒരു മതിപ്പും അതിനൊരു പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഈ അദ്വൈതം പ്രസംഗിക്കുന്ന മുഴുവൻ സൂദ്രന്മാരാണ് നിങ്ങൾ ആരും എണ്ണം എടുത്തു നോക്കും ഒത്ത ചോദ്യം സൗന്ദര്യം അതാണ് എൻ്റെ ഒരു പ്രധാനമായ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് എളുപ്പം എന്താണ് അക്സസ്ബിളായിരിക്കുന്നത് സ്വീകാര്യമായിരിക്കുന്നത് അദ്വൈതമാണ് ഇത് കാര്യമായിട്ടൊന്നും പഠിക്കുന്നതും വേണ്ട ും വേണ്ട ഒരു ചെറിയ വസ്ത്രം കിട്ടിയ അതെന്താണ് ആത്മബോധം തത്വബോധം ഈ രണ്ടെണ്ണം മതി നമുക്ക് ഇരുട്ട വിളയ്ക്ക അദ്വീതം പ്രസംഗിക്കാം ഈ സംഭവം അങ്ങനല്ല ഇത് ഇത്തിരി പണി ചെയ്താലും ഈ വിഷ്ടാന് അപ്പൊ അത് കൊറേ കഷ്ടപ്പെടണം അതിനെ കുറിച്ചുള്ള ശരിയായ ഒന്നാമത് അതിനുള്ള ഗ്രന്ഥങ്ങളില്ല കുളഗ്രന്ഥങ്ങളൊന്നും മലയാളത്തിൽ ഇല്ല എന്റെ അറിവിൽ കേരളത്തിലും ഒരിടത്തും ഇല്ല തമിഴ്നാട്ടിലുള്ളതുപോലെയുള്ള പ്രചാരം ഇല്ല പിന്നെ വൈഷ്ണവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഇടയ്ക്ക് വളരെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരെ വെച്ചാൽ വളരെ ഇന്നുമുണ്ട് കേരളത്തിനകലെയുള്ള ആൾക്കാരൊന്നും ഇല്ല ഒരു പ്രധാനമായ പ്രശ്നമാണ് കേരളത്തിൽ അദ്വൈതം പ്രസംഗിക്കുന്നവരാണ് അദ്വൈതം വളരെ കാര്യമായി പ്രസംഗിക്കുന്നവരിൽ സംസ്കൃതം അറിയാവുന്നതിൽ വളരെ കുറവാണ് ഒന്നോ രണ്ടോ പേരിലാണ് നേരെ അറിയാവുന്നവരും കുറവാണ് അതില്ലെങ്കിലും ഇത് അത് പറയാം ഞാൻ വൈഷ്ണവരുടെ പല പ്രഭാഷണങ്ങളും പക്ഷെ എനിക്കോരും എല്ലാവരും നല്ല സംസ്കൃതത്തിൽ പണ്ഡി പാണ്ഡിത്യുള്ളവരും അവരുടെ ആ ഗ്രന്ഥങ്ങളിലൊരു പാണ്ഡിത്യുള്ളവരാണ് മിക്കവാറും പേരും ഈ സംസ്കൃത അറിയാവുന്നതാണ് കേരളത്തിൽ വലിയ പ്രചാരം എല്ലാ വൈഷ്ണവ സമ്പ്രദായങ്ങളും ചെറിയ ചെറിയ വ്യത്യാസത്തോടുകൂടി ഈ രാമാനുജ ഭാഷത്തെ തന്നെയാണ് കാരണം ഇസ്കോൺ പറയുന്നതെന്താണ് വേറെ ഒരു ലോകമുണ്ട് അവിടെ പോകണം അവിടെ ചന്ദിരിക്കുന്നതാണ് അത് ഈ രാമാനുജാചാര്യ പറയുന്നതല്ല ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഇത് പലതായി പിരിഞ്ഞ് രാമാനീയ സമ്പ്രദായം ഗോഡിയെ സമ്പ്രദായം ഇങ്ങനെയൊക്കെ പലതായി പിരിഞ്ഞുപോയി അതില് പക്ഷെ അതൊക്കെ അടിസ്ഥാനം ഈ രാമാനുജ പാരമ്പര്യത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് അതിലും ഒരുപാട് വിധവന്മാരൊക്കെയാണ് അപ്പൊ ഈ രണ്ടു പറയുന്നു ഈ രാമാനുജ സമ്പ്രദായത്തില് അതില് വളരെ യോജിച്ച് നിൽക്കുന്നവരാണ് വടക്കേന്ത്യയിലെ രാമാനന്തീയ സമ്പ്രദായത്തിൽ രാമാനുജ സമ്പ്രദായമാണ് അതിനുള്ള പല പലരും എനിക്ക് പല്യം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലായിട്ട് അവർക്ക് കയറി നല്ല ഗ്രാഹ്യമുള്ളവരാണ് അവർ ഒരുപാട് സമയത്ത് പഠിക്കാൻ വേണ്ടി ചിലവഴി മറ്റുള്ള ഗോഡിയ സമ്പ്രദായത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അടുത്ത് പരിചയപ്പെട്ടിട്ടില്ല രാമായണേന്ത്യ സമ്പ്രദായം അങ്ങനെയല്ല നോർത്ത് ഇന്ത്യയിൽ വളരെ വ്യാപകമായി പ്രചാരമുള്ളതാണ് അത് ഈ വേദാന്ത ദേശീയ കാലശേഷം രണ്ട് സമ്പ്രദായമായിട്ട് പിള്ളർ പിരിഞ്ഞി തെക്കൻ സമ്പ്രദായവും വടക്കൻ സമ്പ്രദായവും അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഇല്ല ഇന്നും അദ്വൈതമാണ് സ്വീകരിച്ചത് ആ അതൊക്കെ അറിയാമായിരുന്നുണ്ടോ ഇതിപ്പോ പറഞ്ഞല്ലേ ഇവിടെ ഇപ്പൊ രാമാനുജാത പറയുന്നത് എന്താണ് യഥാർത്ഥമായ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ഞാൻ പറയുന്നതാണ് വെച്ചാൽ അണുവായ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ചങ്കരാചാര്യത്തിൽ പറയുന്നത് യഥാർത്ഥമായ ആത്മാവിനെക്കുറിച്ചുള്ള ഞാൻ യഥാർത്ഥം ഞാൻ എനിക്ക് ഉണ്ടോ അഭണ്ഡമായ ആത്മാവിനെ കുറിച്ചുള്ള ഞാൻ ഇതിൻ്റെ യഥാർത്ഥ ഞാൻ അതിൻ്റെ യഥാർത്ഥം ഇവരുടെ അടുത്ത അവരുടെ ആത്മാവ് പോകുന്നു ാണ് യഥാർത്ഥം ഞാന ഇതാരും നമുക്ക് വില കുറച്ച് കാണാൻ പറ്റിയില്ല പദവാക്യപ്രമാണന്മാരാണ് എല്ലാവരും വലിയ സംസ്ഥാന പഠിത രണ്ടുപേർക്കും പാരമ്പര്യമുണ്ട് രണ്ടുപേരും പറയുന്ന ആത്മാവിനെ കുറിച്ചാണ് ഒരാളുടെ ആത്മാവ് അണു ആണ് വേരാളുടെ ആത്മാവ് നേരെ വിപരീതമാണ് രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ആത്മാവിനെ സാക്ഷാത്കരിച്ചു രണ്ടുപേരും പറയുന്നത് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥം ഞാനുമാണെന്നാണ് ലേരാശ് രണ്ടു ചെരി എങ്ങനെ വരും എന്തൊക്കെ ബുക്കാണ് ബുക്കെന്നറിഞ്ഞാ യഥാർത്ഥമായ ഞാൻ ബുക്കെന്നറിയുന്നതാണ് യഥാർത്ഥം ഞാൻ ഇത് ഭഗവത്ഗീത എന്നറിയുന്ന യഥാർത്ഥമായ ഞാൻ ഇതിലെ രണ്ട് ഞാനും അങ്ങനെ വരുന്ന ആത്മാവെന്ന് എന്ന് പറയുന്നു അത് യഥാർത്ഥം എന്ന് നേരെ വിപരീതമാണ് ഞാൻ അതിനോട് യോജിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം രാമാനുചാര്യെന്ന് പറയുന്നത് അങ്ങനെ എന്റെ ആത്മാണു ആണെന്നാണ് അതിന്റെ യഥാർത്ഥമായ ഞാനും എനിക്കുണ്ടെന്നാണ് അപ്പൊ ആരുടെ ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം രണ്ടുപേരും എനിക്ക് വേണമെങ്കിൽ പറയും അത് രാമാനുചാര്യെന്ന് പറയുന്നത് അത് ശരിയല്ല അതുകൊണ്ടാണ് ശങ്കരാചാര്യന്റെ വിഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ശങ്കരാചാര്യ വിഭവം എന്ന് പറഞ്ഞത് കേട്ടിട്ട് ശരിയല്ലാത്തോണ്ടാണ് ഈ രാമാനുചാര്യതാണോ എന്ന് പറയുന്നത് ക്രമം അനുസരിച്ച് വിഭു എന്ന് പറയുന്നതിനൊന്ന് നിഷേധിച്ചിട്ടാണ് ആണോന്ന് പറയും ഞാൻ പറയുന്നതാണോ അതിന്റെ യഥാർത്ഥം ഞാൻ ഒരാൾ പറയും ഒരാൾ പറയുന്നത് എന്താണോ വിഭുവാണ് എന്ന് എന്ന് സാക്ഷാത്കാരമെന്നാ പറയുന്നത് യഥാർത്ഥമായും നിങ്ങളെ അനുഭവിച്ചെന്നോ ഒരു വസ്തു ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിനെ പരസ്പര വിരുദ്ധമായിട്ട് രണ്ടു തരത്തിലുള്ള അറിയില്ല വസ്തുവൊന്നല്ലേ രണ്ടുപേരും പറയുന്ന എന്താണ് അറിവെന്ന് പറയുന്നത് വസ്തുവിനനുസരിച്ചായിരിക്കണം വസ്തു അങ്ങനെ വേണം അങ്ങനെ വേണം എന്നാണ് അറിയേണ്ടത് അതെല്ലാരും അംഗീകരിക്കുന്ന കാര്യം മേശയാണെങ്കിൽ മേശ മേശയായിട്ടറിയണം ബുക്കിനെ ബുക്കായിട്ടറിയണം ആത്മാ ആത്മാവ് പറയുന്ന ഒന്നും അതിന് അറിയണമെങ്കിൽ പരസ്പര വിരുദ്ധമായി രണ്ടു രീതിയിൽ അറിഞ്ഞാൽ ഇതിലേതാണ് യഥാർത്ഥമായ അതേ അതങ്ങനെ ഒരു വസ്തുണ്ടാകും രണ്ടു വസ്തുവാണെങ്കിൽ ശരി അണോരണിയാൻ മഹത്വം മഹീയാനെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഏ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് അത് വളരെ സൂക്ഷ്മവുമാണ് അത് വിഭുവുമാണ് അന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും വളരെ സൂക്ഷ്മവുമാണ് വിഭുവുമാണ് ആകാശത്തെ കുറിച്ച് പറയുമ്പോൾ ആകാശം വളരെ സൂക്ഷ്മമാണ് എന്നാ അത് വിഭവമാണ് ഇതങ്ങനെയല്ല പറയുന്നത് ഇത് പറയുന്നത് വിഭുവിനെ നിഷേധിച്ചിട്ടാണ് അണുന്ന് പറയുന്നത് അണുവിനെ നിഷേധിച്ചിട്ടാണ് വിഭവം എന്ന് പറയുന്നത് അവിടെ ഇതിലേതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവുള്ളത് അണവരണിയാൻ മഹതം അയ്യാന്ന് പറയും നമുക്ക് എങ്ങനെയും മേഖാനി അത് രണ്ടും പറഞ്ഞിരിക്കുന്നുണ്ട് മനസ്സിലാക്കാം പണവെന്ന് വെച്ചാൽ സൂക്ഷ്മം മഹത്വം എന്ന് വെച്ചാൽ വ്യാപകം ഒരു വ്യാപകമായിരിക്കും നമുക്ക് സൂക്ഷ്മമായിരിക്കാൻ കുഴപ്പമൊന്നും പക്ഷെ സൂക്ഷ്മത്തെ നിഷേധിച്ചിട്ട് അണുവിന് നിഷേധിച്ചിട്ട് വ്യാപകമെന്ന് പറയുമ്പോഴും വ്യാപകത്തെ നിഷേധിച്ചിട്ട് സൂക്ഷ്മം എന്ന് പറയുമ്പോഴും അത് സാക്ഷാത്കരിക്കുന്ന ശരിയാകും കാരണം അഖണ്ഡം എന്ന് പറയുന്നതിന് എന്തിനാണ് ഖണ്ഡങ്ങളല്ല ജീവപര ഏകത്വം അതിന്റെ ജ്ഞാനം എന്നാണ് ശങ്കരാജയത്തിൽ രാമാനുചാര്യർ വന്ന് ജീവപര ഏകത്വമല്ല ജീവന്റെ സാക്ഷാത്കാരമാണ് അതെങ്ങനെ അനുഭവമായിരിക്കുന്നത് ജീവിത സാക്ഷാത്കരിക്കും അതാണ് അനുഭവം അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ ഏത് ആരുടെ സാക്ഷ രണ്ടുപേരുടെയും സാക്ഷാത്കാരമാണ് അനുഭവമാണ് ഇതിന്റെ ഏതാശരി ആ അത് ഇതുമായി നമ്മൾ തീരുമാനിക്കും രണ്ടും അറിയുന്ന തീരുമാനിക്ക ഏതാണ് ശരി രണ്ടുപക്ഷത്ത് ഇതിന് ഏതാ ശരി അതീതമായി തീരുമാനിക്കാണ് സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ അറിവുള്ള ആരെങ്കിലും തീരുമാനിക്കട്ടെ ഏതെങ്കിലും ഒന്നല്ലേ ശരിയാകാൻ പറ്റൂ രണ്ടും ശരിയാവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയുന്നതിന് തന്നെ അർത്ഥമില്ലാതാക്കും ശരിയിൽ ശരിയില്ലാതായിരിക്കും മനസ്സിലായി എന്താണ് ആനയും അന്തന്മാരോ പോലെ എന്താണ് അങ്ങനെ രണ്ടു അന്തന്മാരാണ് രണ്ട് ജ്ഞാനത്തെ കുറിച്ച് അവരെ അതാണ് അണുവിനെ നിഷേധിച്ച് വിഭു എന്ന് പറയുന്നത് വിഭുവിനെ നിഷേധിച്ച് അണു എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ് ശരി ചോദിക്കുന്നു നിങ്ങൾ രണ്ടും പഠിക്കുന്നവരല്ലേ ഒരാൾ പറഞ്ഞ് എന്താണത് പറയാൻ പറ്റും എന്താ നോക്കാം അതിനുള്ള ആരോഗ്യം ഞാൻ സമ്മതിച്ചു ഒരാൾ പറയുന്നത് ആനയിൽ അന്തരം പോലെയാണ് രണ്ടുപേരും ബോധമില്ലാത്തവരണം വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ട് ആ ഞാൻ സമ്മതിച്ചല്ലോ ില്ല അഭിപ്രായം പറയാനുള്ള ശേഷി പ്രശ്നം തീർന്നു ഞാൻ സമ്മതിച്ചു ഏരാള് പറയും രണ്ടുപേർക്കും ബോധമില്ല എന്ന് വെച്ച ആനയും അന്തന്മാരെ പോലെയല്ല അത് തന്നെ ഇവര് രണ്ടുപേരും ആനയെ കണ്ടിട്ട് വരുമ്പത്തെ കണ്ടിട്ട് മനസ്സിലാകാത്തവരാണ് അരുടെ അവതാരണ കൂടെ കൊടുക്കുന്ന രണ്ടുപേരും ആത്മാവിനെ അറിഞ്ഞിട്ടില്ലെന്നല്ലേ ഒരു രണ്ടുപേരും അജ്ഞാനികളായി അവധാരണക്കൂടെ എടുക്കാൻ പറ്റില്ല അല്ല അംശമുണ്ടെന്നാണ് ഞാന് പറയുന്നത് രാമാനുജാ എന്ന് പറയുന്നത് അപ്പൊ അംശമാണ് ജീവൻ അതിന്റെ സാക്ഷാത്കാരമാണ് ആ ശങ്കരായ അറിവ് അബദ്ധമാണ് ശങ്കരാഷ്ട്ര രാമാനുജാരുടെ അറിവ് അബദ്ധമാണ് പക്ഷെ രണ്ടുപേരും പറയുന്ന ഞങ്ങളുടെ അറിവ് യഥാർത്ഥമാണെന്ന് അപ്പൊ ഇതിൽ ഏതാശ്വര എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാൾ പറഞ്ഞ് എനിക്കറിയത്തില്ല അത് സംബന്ധിച്ചു വേറെ ആൾ പറയുന്നത് രണ്ടുപേർക്കും വിവരമില്ല അതാണ് അത് സംബന്ധിച്ചു വേറെ എന്തെങ്കിലും അഭിപ്രായം എന്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ എന്താണ് രണ്ടുപേർ പറയുന്നെങ്ങനെന്താണ് രാമാനുചാര്യർ പറയുന്നത് ഇത് അണു ശങ്കരായര് പറയുന്നത് വിഭവമാണ് അത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് തികച്ചും പരസ്പര വിരുദ്ധമാണ് ശങ്കരായ അഖണ്ഡമായി രാമാനുചാരി അഖണ്ഡമായി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ശങ്കരായർ പറഞ്ഞത് യോജിച്ചു പിന്നെ രാമാനുചാരി പ്രത്യേകിച്ച് ഒരു ഭാഷയായിട്ട് ശങ്കരാചാര്യ അപ്പൊ ഇതെല്ലാം എന്താണ് ഇതൊന്നും അറിവിന്റെ വിഷയമേ ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ വിഷയം ഇവര് ഈ അറിവെന്ന് പറയുന്നതല്ല അവരവരുടെ വിശ്വാസത്തിൽ അതായത് ഈ രണ്ടിൽ നിന്നും മാറി നമ്മൾ ചിന്തിച്ചാൽ ശങ്കരാചരുടെ പക്ഷത്ത് നിന്നാണ് പറയണമെങ്കിൽ ഞാൻ പറയും ശങ്കരാചരുടെ അറിവാണ് ശരിയായ രാമായരുടെ പക്ഷത്ത് നിന്ന് പറയണമെങ്കിൽ ഞാൻ പറയും രാമായ ശരിയായ അതിൽ നിന്ന് രണ്ടും നിന്നും മാറിയുന്നു മൂന്നാമതൊരു പക്ഷത്ത് എന്ന് പറയണേലും ശങ്കരായ വിശ്വാസ ശങ്കരായ പറയുന്നു രാമാനുജാരുടെ വിശ്വാസത്തെ രാമാനുചാചാര്യ പറയും എന്ന വിശ്വാസം എന്ന് പറഞ്ഞ പോലെ ബാക്കി പറയുന്ന തർക്കവിതർക്കങ്ങളൊക്കെ എന്താണ് ഇതെല്ലാം അവരവരുടെ വിശ്വാസത്തെ സമർത്ഥിക്കണം അതാണ് പറഞ്ഞെങ്കിൽ പ്രശ്നം തീർന്നു വിശ്വാസമാണെന്നാണ് പറഞ്ഞത് സിദ്ധാന്തമല്ല വിശ്വാസം ശങ്കരാച്യടെ അങ്ങനെ വിശ്വസിക്കുന്നു എന്താണോ അഖണ്ഡമായ വിരമം അതിന്റെ സാക്ഷാത്കാരം ആ സാക്ഷാത്കാരമാണെന്ന് വിശ്വസിക്കും രാമാനുരാചാര്യം വിശ്വസിക്കുന്ന എന്താണ് അണുവായ ആത്മാവാണ് അതിന്റെ സാക്ഷാത്കാരമാണ് എന്ന് വിശ്വസിക്കും വിശ്വാസത്തിനപ്പുറം ഇതിന് ഒരു ന്യായീകരണം നമുക്ക് പറയാൻ പറ്റും ഇവർ രണ്ടുപേരും മാത്രമല്ല ഇനി നമ്മുടെ എത്രയോ ആചാര്യന്മാരും ഗൗതമനുണ്ട് കണാകനുണ്ട് കപിലനുണ്ട് ഇങ്ങനെ നിരവധി പേരുണ്ട് ഇവരെല്ലാവരും ആത്മാവിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇവരെല്ലാവരും പറയുന്ന അവനവരുടെ വിശ്വാസമാണ് അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം നിങ്ങൾ യഥാർത്ഥമായ ജ്ഞാനമാണോ ആ യഥാർത്ഥമായ ജ്ഞാനമാണെന്ന് ചോദിക്കേണ്ട കാര്യം അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ വിഷയമല്ല വിശ്വാസം എന്റെ വിശ്വാസം ആ നിങ്ങളുടെ വിശ്വാസം ശരി യഥാർത്ഥമായ ജ്ഞാനമല്ല യഥാർത്ഥമായ ജ്ഞാനമല്ല ശരി നിങ്ങളുടെ വിശ്വാസം ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും എന്റെ വിശ്വാസം ശരിയാണെന്നു ഞാൻ വിശ്വസിക്കുന്നതാണ് എനിക്ക് ശരി ശങ്കരാചാര്യ വിശ്വസിക്കുന്നതാണ് ശങ്കരാചാര്ക്ക് ശരി രാമാനുരാചാര്യർ വിശ്വസിക്കുന്നതാണ് രാമാനുചാചാര്യർക്ക് ശരി രണ്ടുപേർക്കും വിശ്വാസത്തിൻ്റെതായ പാരമ്പര്യങ്ങളുണ്ട് രണ്ടുപേർക്കും വിശ്വാസ ശാസ്ത്രങ്ങളുണ്ട് രണ്ടുപേർക്കും ആ വിശ്വാസത്തെ ശരിയാക്കുന്ന തർക്കയുക്തികളെല്ലാം ധാരാറും അപ്പോ അങ്ങനെ വരുന്നിടത്ത് അവര് അനുഭവം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും രണ്ടു വേറെ വിശ്വാസത്തെയാണ് അനുഭവങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ എന്താണോ ഓരോരുത്തരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കത്തിന്റെ അല്ല ഇത് രണ്ട് തരത്തിലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ തർക്കമില്ല തർക്കമുള്ളാലോ ഒരിക്കലും തീരുമാനം ആകത്തുള്ളൂ ഇതുവരെ തീരുമാനമായിട്ടും ഇതുവരെ ഇതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല ദ്വീതികളും ഇഷ്ടാദ്വേ അദ്വൈതികൾ തമ്മിൽ ആരുടെ ജ്ഞാനമാണ് ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നൂറ്റാണ്ടുകളായി തർക്കം നടന്നു ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് തീരുമാനത്തിലത് എത്തുമില്ല കാരണം യുക്തികൾ പുതിയ പുതിയ വ്യക്തികൾ ഒന്നുകൊണ്ടെങ്കിൽ ഇത് ആത്യന്തികമായ എന്താണ് ഓരോരുത്തരുടെ വിശ്വാസം വന്നു അതിനകത്ത് നമുക്ക് എന്ത് വേണോ വിശ്വസിക്കാൻ നമുക്ക് സ്വാമി എന്റെ വിശ്വാസം ലഭിച്ചു എന്ത് വിശ്വാസം നീ സ്വീകരിക്കണം എന്ന് ബലം പഠിക്കരുത് അവരോട് വിശ്വാസം അവരോട് പിന്നെ സൗഹാർദ്ദമുണ്ടെങ്കിൽ വിശ്വാസം നീ മാറ്റത്തില്ല ബലപ്രയോഗത്തിലൂടെ വിശ്വാസം ടിച്ചെത്തിക്കാൻ പറ്റും അപ്പോ ആത്മീയമായിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളും അതിനുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അതിലുള്ള എല്ലാ അവകാശവാദങ്ങളും ക്ലെയിംസ് എല്ലാം അതാത് വിശ്വാസം എന്ന് പറഞ്ഞാലേ ഈ പ്രശ്നം തീരത്തും അപ്പൊ ആത്മാവ് അണുവാണോ ആത്മാവ് അങ്ങനെ ഞാൻ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാൽ രാമാനുചാര്യരുടെ വിശ്വാസം അതാണ് ഇവിടെ പറയുന്നത് നീങ്ങി തർക്കം തീർന്നു ജ്ഞാനത്തിലേക്ക് പോയാൽ തർക്കം തരും വിശ്വാസത്തിലേക്ക് വന്ന തർക്കം തീർന്നു വിശ്വാസത്തിൽ ശരിയല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല അതെന്റെ കാര്യമാണ് എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ അവകാശം ഞാൻ എന്നെ വിശ്വസിച്ചു അത് നിങ്ങൾക്ക് ശരിയാണ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചത് ശരിയാണ് എന്ന് പറഞ്ഞാൽ തീർന്നു നിനക്ക് അത് ഇതെവിടെയാണ് ആത്മീയമായ കാര്യങ്ങൾ ആത്മനിഷ്ഠമായ കാര്യങ്ങൾ ആത്മനിഷ്ഠമായ നിഷ്ഠാനങ്ങൾ പറയുന്നത് വസ്തു നിഷ്ഠമായ ജ്ഞാനമാണെങ്കിൽ അവിടെ അറിവിന് പ്രാധാന്യം അവിടെ അറിഞ്ഞ് അവിടെ കേവല വിശ്വാസം കൊണ്ട് നടക്കും അവിടെ അറിവ് തന്നെ വേണം എന്തോഭീരിക്കുന്നത് പുസ്തകമാണെന്നുള്ള എന്റെ വിശ്വാസമല്ല ഇതിന്റെ അറിവാട് എന്റെ അറിവായുള്ള നിങ്ങൾ എല്ലാവരും ഇത് പുസ്തകമാണെന്ന് മറ്റതുപോലെ തർക്കവിഷയം എന്തുകൊണ്ടിത് വസ്തുനിഷ്ഠമായ അറിവാട് മറിച്ച് ഇത്തരം കാര്യങ്ങളിൽ അത് വിശ്വാസത്തിന്റെ തലമാണ് മനുഷ്യർ പൊതുവെ മനുഷ്യന് വളരെ അനായാസമായി സ്വീകരിക്കാനും തള്ളിക്കളയാനെ പറ്റിയ വിശ്വാസം അറിവിന് വിശ്വാസം അനായാസമായി സ്വയത്തമാക്കാറുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും പിന്തുടരുന്ന വിശ്വാസത്തെയാണ് അറിവിന് അറിവിനെ പിന്തുടരാൻ വളരെ കുറച്ച് മനുഷ്യർക്ക് കഴിയത്തുള്ളൂ വിശ്വാസം അങ്ങനെയല്ല അത് ഭൂരിപക്ഷം മനുഷ്യരുടെ വിശ്വാസത്തെ എന്തെടുക്കും അപ്പൊ വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്ക് ശരി തെറ്റ് പറയാൻ പറ്റില്ല നമ്മൾ പറയാ ലോക ജനസംഖ്യയിൽ പതിനഞ്ച് ശതമാനം മാത്രമുള്ള ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളാണ് ശരിയെന്നുള്ളത് എന്ന് പറഞ്ഞ നിങ്ങൾ പറയും യോഗ ജോലിസംഖ്യയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനമുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം ശരിയല്ല അങ്ങനെ പറയാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും അവർക്ക് നിങ്ങള വിശ്വാസം ശരിയല്ലെന്ന് പറയാനുള്ള അവകാശം വിശ്വാസത്തിന്റെ പോക്ക് അങ്ങനെയാണ് ഇരുപത്തഞ്ച് ശതമാനത്തോളം നിങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസം ശരിയല്ലെന്ന് നിങ്ങൾക്ക് അത് ആ വിശ്വാസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ബഹുജനം വിശ്വാസത്തെയാണ് പിന്തുടരുന്നത് ലോകത്തെപ്പോഴും പ്രാധാന്യം അതിനാണ് അറിവിനെ പിന്തുടരുക അതിനെ തിരിച്ചറിയുക അതൊക്കെ വളരെ ചുരുക്കം വരുത്തുക സാർ ലോകത്തിനെപ്പോഴും പ്രാധാന്യം വിശ്വാസത്തിനാണ് ലോകം വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിവിലല്ല എന്നിട്ട് ബഹുഭൂരിപക്ഷം തന്നെയാണ് അത് തന്നെ വിശ്വാസമായിട്ടെടുത്ത് അവിടെ തർക്കിക്കേണ്ടവരും ഏകദൃത്തം ഭവതിയോട് പറയുന്നു ശാസ്ത്രജന്യ ആത്മജ്ഞാനപൂർവകർമ്മയോഗ ശാസ്ത്രജന്യ ആത്മജ്ഞാന കുറവ കർമ്മയോഗം നേരത്തെ പറഞ്ഞത് ശാസ്ത്രം എന്ന് പറയുന്ന ഭഗവാൻ ഉപദേശിക്കുന്ന അവിടെ ഉണ്ടാകുന്ന ആത്മജ്ഞാനം ആത്മജ്ഞാനത്തോടുകൂടിയ കർമ്മയോഗം ഇതാദ്യം അത് കഴിഞ്ഞ് സ്ഥിതപ്രജ്ഞതാക്കി ജ്ഞാനന്ഷ്ടം ആ ഭാഗമാക്കി അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നു ജ്ഞാനം നേടിയിട്ട് അതുകൊണ്ട് ആത്മാവിനെ ഉപാസിക്കും ആത്മാവ് വെച്ചാൽ തന്നെ ഓടേണ്ടിയിരിക്കുന്നു ആത്മാവാണ് അതിനധ്യാനിക്കും ഇതിനിതപ്രജ്ഞത എന്ന് പറയും സ്ഥിതപ്രജ്ഞത സ്ഥിതപ്രജ്ഞത എന്നു പേരുള്ള ജ്ഞാനനിഷ്ഠയം അത് നൽകുന്നു എന്ന് വെച്ചാൽ ഉപാസിക്കും അപ്പൊ ഇവിടെയും ഞാനും ഉണ്ട് ആദ്യത്തെ ഞാനും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ആദ്യം കേട്ടറിഞ്ഞ അറിവ് രണ്ടാമത് താൻ ശീലിക്കുന്ന അറിവ് താൻ ധ്യാനിക്കുന്ന അവിടെയും അറിവുണ്ടല്ല ഇനി അത് കുറിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാനൊന്നിഷ്ട രോഗാസ്തുതപ്പെട്ട അങ്ങനെ ആത്മാവനം നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ യോഗാഖ്യാനം ആത്മാവനോദനം അതാണ് യോഗം എന്നത് അത് സ്ഥിതപ്രജ്ഞതയുടെ ഫലം ഉപാസനയുടെ ഫലം അതാണ് യോഗാക്യം ആത്മാവനും അതാണ് സാക്ഷാത്കാരം സാമേ ഇത് പൊതുവായി എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമുണ്ട് രാമാനുചാരിൽ മാത്രമാണ് അദ്വൈതികളും ഇതുപോലെ തന്നെ സ്വീകരിക്കുന്ന ശ്രവണം പിന്നെ മനനനിധ്യാസനം സാക്ഷാത്കാരം ഇതിൽ എല്ലാവരും സ്വീകരിക്കുന്നു അത് നടക്കുന്ന അഹുമാനിക്കാരില്ല ഈ മൂന്നിടത്ത് ജ്ഞാനമാണ് അല്ലാദ്യമുണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് കർമ്മയോഗത്തിൽ ഉപകരിക്കുന്ന അത് സാക്ഷാത്കാരമാണ് ആത്മാവിനെ കുറിച്ചുള്ള രണ്ടാമത് വീണ്ടും ആത്മാവിനെ കുറിച്ചുള്ള ധ്യാനിക്കുന്ന അല്ലെങ്കിൽ ധ്യാനത്തിന് ഉപയോഗിക്കുന്ന ആത്മാവിന്റെ ധ്യാനിക്കുന്നു അതും ആത്മാവിന്റെ അറിവാണ് അതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് മൂന്നാമത് അതിന്റെ ഫലമായി സാക്ഷാത്കാരം ഉണ്ടാവും അദ്ദേഹം പറയുന്നു സാക്ഷാത്കാരത്തെക്കുറിച്ച് ഇവിടെ രാമാനുജാചാര് പറയുന്നു സാക്ഷാത്കാരത്തെ കുറച്ച് ആത്മാവിന്റെ സാക്ഷാത്കാരം പറയുന്നു ആണ് അവിടെ ഏറെ വ്യത്യാസം അഖണ്ഡമായ ആത്മാവിനെ അത് ഈ സാക്ഷാത്കരിക്കുമ്പോ ഇവിടെ രാമാനുജാ പറയും ഞങ്ങൾ അണുവായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു രണ്ടു ആത്മജ്ഞാനമാണ് രണ്ടു ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനമാണ് പക്ഷെ ഒരാളുടെ യഥാർത്ഥമായ ജ്ഞാനത്തെ വിഭുവായ ആത്മാവിന്റെ ജ്ഞാനമാണെന്ന് പറയുന്നതിന് അത് യഥാർത്ഥമല്ലാന്ന് രാമാനുചാര്യർ പറയും ഇനി അണുവായി ആത്മാവിന്റെ സാക്ഷാത്കാരം അത് യഥാർത്ഥമല്ലാന്ന് നമുക്ക് ചെയ്യുന്നത് അവരവരെ സംബന്ധിച്ച് അവരവരുടെ അറിവ് യഥാർത്ഥം ഇതിനെ സമന്വയിപ്പിക്കാൻ വേണ്ടിട്ട് പല ശ്രമിച്ചിട്ട് പ്രസവമാരായിരുന്നു എല്ലാം ഈ അന്ദ് ആത്മജ്ഞാന ഇവിടെ സമന്വയിക്കും എങ്ങനെ സമന്വയിപ്പിക്കും അത് അദ്വൈതികളായി ശ്രമിച്ചു സമാന പക്ഷക്കാരല്ല അവർക്ക് സമന്വയം വേണ്ട അദ്വൈതികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇങ്ങനെ വേണമെങ്കിലും ആദ്യം രാമാനുരാജാന് പറഞ്ഞ സാക്ഷാത്കാരത്തിലെത്തിയിട്ട് അവസാനോർജിയ സാക്ഷാത്കാർക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റവരോട് സമ്മതിക്കണ്ടേ മറ്റവരൊരിക്കലും അത് സമ്മതിക്കത്തില്ല അവർക്ക് മുസ്ലീം കാര്യമില്ല അവർക്ക് അഖണ്ഡ സാക്ഷാത്കാരം സമ്മതമേ അല്ല അതുകൊണ്ട് ഒരു തരത്തിലും ഇതിനെ സമന്വയിപ്പിക്കാൻ പറ്റിയില്ല ചന്ദ്രരാചാര്യർ പറയുന്ന അഖണ്ഡ സാക്ഷാത്കാരം വേറെയാണ് രാമാനുചാരി പറയുന്ന അണു സാക്ഷാത്കാരം വേറെയാണ് രണ്ടുപേരും അത് യഥാർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് യഥാർത്ഥമാണ് രണ്ടുപേരും പറയുന്നുണ്ടെങ്കിൽ രണ്ടുപേരും വിശ്വാസമായിട്ട് എടുക്കാനേ പറ്റും പിന്നെ ആത്മാവിന്റെ സാക്ഷാത്കാരം എല്ലാം പറയുമ്പോൾ അത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരറിവല്ല ഈ പുസ്തകത്തെ അറിയിക്കുന്നതുപോലെ അങ്ങനെ ഒരാറിവല്ലേ ഏത് വച്ചും വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായ ആന്തരികമായ ഒരാറിവാണ് അപ്പോ ആർക്കെന്തറിവുണ്ടായാലും ശരി ആന്തരികമായ എന്തറിവുണ്ടായാലും അത് അവര് വിശ്വസിക്കുന്ന പോലെയാണ് വെച്ചാ എനിക്കിപ്പോ കുറിച്ച് അണുവാണമെന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞാനത് വിശ്വസിക്കുന്നു അതാണ് യഥാർത്ഥം എനിക്ക് ആത്മാവിനെ കുറിച്ച് വിഭുവായ ഒരു ബോധം ഉണ്ടായാൽ ഞാനത് വിശ്വസിക്കുന്നു ഇതാണ് യഥാർത്ഥം ഈ അവനവന്റെ വിശ്വാസത്തിലുണ്ടാകുന്ന അറിവിലുണ്ടാകുന്ന വിശ്വാസം അതാണ് ഇതിന്റെ അവസാനം അവിടെ എടുത്ത് ഇത് സമന്വയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടു കൂട്ടത്തെ വിശ്വാസങ്ങളെന്ന് പറഞ്ഞാൽ തർക്കമില്ല ഇവിടെ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും എന്താണ് സബ്ജക്റ്റീവായാലും എവിടെയായാലും ശരിക്കും അത് എന്താണ് അവനവന്റെ വിശ്വാസം അതിനെ നമുക്ക് വസ്തുനിഷ്ഠമായും ഒരിക്കലും വിസകനം ചെയ്യാൻ പറ്റും ഇന്നൊരു മനുഷ്യനൊന്ന് കഴിഞ്ഞിട്ടില്ല ഇതിനെയാണ് ഹാർട്ട് പ്രോബ്ലമോ കോൺഷ്യസൻസ് എന്ന് പറയുന്നത് അതൊരു പ്രശ്നം തന്നെയാണ് ഒരു അനുഭവങ്ങളെയും നമുക്ക് വസ്തുനിഷ്ഠമായും വിസകനം ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് വിശ്വാസം എന്ന് ശരിയെന്നുള്ളത് എന്റെ വിശ്വാസം എന്റെ അറിവ് വിശ്വാസമല്ല എന്റെ അറിവ് ശരിയെന്ന് പറയുന്നതാണ് വിശ്വാസം അതാണ് വിശ്വാസം അറിവെന്ന് പറയുന്ന വിശ്വാസം ഞാൻ ആത്മാവിനെ വിഭവം എന്നറിഞ്ഞാല് അണുന്ന് നിറഞ്ഞാല് രണ്ടും അറിവ് തന്നെയാണ് പക്ഷെ എന്റെ അറിവാണ് ശരി എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശ്വാസം എന്തുകൊണ്ട് അത് സബ്ജക്റ്റീവായ ഒരു അറിവാണ് അതിൽ അതിൽ കൂടുതൽ ഒന്ന് പറയാൻ പറ്റും ആത്മനിഷിതമായ അറിവിനെ ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും അത് സർവ്വസാധാരണമായ അറിവായിരിക്കും നമുക്ക് സർവ്വസാധാരണമായി ഇന്ന അറിവുകളുടെ സ്വാതക്ക അനുഭവം ശരി പറഞ്ഞാൽ നമുക്ക് തർക്കമില്ലാതെ പരിഹരിക്കാം പക്ഷെ ഇതങ്ങനെ ഇത് വിശ്വാസത്തിനൂടെ പരിഹരിക്കാം ഇതിനെന്തെങ്കിലും തർക്കം പറഞ്ഞു